യഹൂദർ പറഞ്ഞു റുസൈർ അള്ളാഹു സുബഹാനഹൂവറ്റ ആലയുടെ പുത്രനാണ് ക്രൈസ്തവർ പറഞ്ഞു മസീഹ് അള്ളാഹു സുബഹാനഹൂവറ്റ ആലയുടെ പുത്രനാണ് അവരുടെ വായകൾ കൊണ്ട് പറയുന്ന വാക്കുകളാണത് മുൻപ് സത്യനിഷേധം ചെയ്തവരുടെ വാക്കുകളെ അവർ അനുകരിക്കുന്നു അള്ളാഹു സുബഹാനഹൂവറ്റ ആല അവരെ നശിപ്പിക്കട്ടെ അവർ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്